തീർച്ചയായും വിശ്വസിച്ചവരും യഹൂദരും സ്വബീയങ്ങളും ക്രൈസ്തവരും മജൂസികളും പങ്കു ചേർക്കുന്നവരും ഇവർക്കിടയിൽ അന്ത്യദിനത്തിൽ അള്ളാഹു സുബഹാനഹുവറ്റ ആല തീർപ്പു നൽകുന്നതാണ് തീർച്ചയായും അള്ളാഹു സുബാനഹൂവറ്റ ആല എല്ലാ കാര്യങ്ങൾക്കും സാക്ഷിയാണ്